ഓരോ മനുഷ്യൻറെയും മുൻപിലും പിന്നിലും അല്ലാഹു സുബഹാനുഹുവചായാലായുടെ കൽപ്പനപ്രകാരം അവരെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് തീർച്ചയായും ഒരു ജനത തങ്ങളുടെ ഉള്ളിലുള്ളത് മാറ്റുന്നതുവരെ അള്ളാഹു സുഹാനുഹുഛായാല ആ ജനതയുടെ അവസ്ഥ മാറ്റുകയില്ല അള്ളാഹു സുബഹാനുഹൂവച്ചായാല ഒരു ജനതയ്ക്ക് ദോഷമുദ്ദേശിച്ചാൽ അതിനെ തടയാനാരുമില്ല അവനല്ലാതെ അവർക്ക് മറ്റൊരു രക്ഷകനുമില്ല